പറയുക കരയിലെയും കടലിലെയും ഇരുളുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതാരാണ് നിങ്ങൾ വിനീതമായും രഹസ്യമായും അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ഇതിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാൽ ഞങ്ങൾ തീർച്ചയായും നന്ദിയുള്ളവരിലായിരിക്കുമെന്ന്